അദ്ദേഹം പറഞ്ഞു എന്റെ രക്ഷിതാവേ അവർ എന്നെ ക്ഷണിക്കുന്നതിനേക്കാൾ ഇഷ്ടം തടവറയാണ് അവരുടെ തന്ത്രങ്ങളെ നീ എന്നിൽ നിന്ന് അകറ്റിയല്ലെങ്കിൽ ഞാൻ അവരിലേക്ക് ചായേക്കാം അങ്ങനെ ഞാൻ അജ്ഞാനികളിൽ ഒരാളാകും